ദൈവനാമത്തിൻ്റെ മഹത്വം പ്രിയപ്പെട്ടവരെ ഇന്നും നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിപ്പാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും നന്ദിയുള്ളവനായിട്ടായിരിക്കുകയും ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നിലയിലുള്ള വിവിധ അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ചു അതിനുശേഷം നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്തീർക്കെഴുതിയ ലേഖനം അഞ്ചാമത്തെ ആയ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞയാഴ്ച വിശദമായി ചിന്തിക്കുകയായിരുന്നല്ലോ അവിടെ നമ്മൾ കണ്ടത് ഗലാത്തിരഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ മു ഒൻപത് തരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ച് വായിക്കുന്നു അതിലെ ആദ്യത്തെ മൂന്നെണ്ണം ദൈവോന്മുഖമായിട്ടുള്ളതും മറ്റ് മൂന്നെണ്ണം തുടർന്ന് വരുന്ന മൂന്നെണ്ണം ദീർഘക്ഷമാദയാ പരോപകാരം ഇത് സഹജീവികളോടുള്ള ബന്ധത്തിലും വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയ എന്ന ഒടുവിലത്തെ മൂന്നെണ്ണം നമ്മോട് തന്നെയുള്ള ബന്ധത്തിലും എന്നൊക്കെ ഈ നമ്മൾ വകതിരിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ ഞായറാഴ്ച ഇന്ന് നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഒരു രംഗം അവിടുന്ന് ഒരു അത്തിയിലെ ഫലം തിരഞ്ഞ ഒരു രംഗം നമുക്ക് നോക്കാം മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഉള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത് കർത്താവ് രാവിലെ നഗരത്തിലേക്ക് മടങ്ങുമ്പോൾ വിശന്നിട്ട് വഴിയരികെ ഒരു അതിവൃക്ഷം കണ്ടു അതിവൃക്ഷം കണ്ടപ്പോൾ അടുക്ക ചെന്നു അതിൽ ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ നിന്ന് നിന്നിൽ ഒരു നാൾ ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി ഈ കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത് കണ്ടോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശപ്പടക്കാൻ കഴിയാഞ്ഞ ഒരു അത്തിവൃക്ഷം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പുത്രൻ തമ്പുരാൻ സൃഷ്ടാവായ ദൈവം തന്നെ ആ സൃഷ്ടിയുടെ അടുക്കൽ വന്ന് ആ പഴമുണ്ടോ എന്ന് നോക്കിയപ്പോൾ അതും താൻ വിശന്നിട്ടാണ് വിശന്നിട്ട് ആ സൃഷ്ടാവിനെ ആയ ദൈവത്തിൻ്റെ ആ നിലയിലുള്ള ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ സൃഷ്ടിക്ക് കഴിഞ്ഞില്ല അതിലാകെ ഉണ്ടായിരുന്നത് ഇല മാത്രമായിരുന്നു ഇല കണ്ടാൽ അതിൽ ഫലമുണ്ടാകും എന്ന് തോന്നി കർത്താവ് അവിടെ ചെന്ന് നോക്കിയതാണെന്നാൽ ഒന്ന് കാണാൻ കയാൽ ഇനി നിന്നിൽ നിന്ന് ഫലം ഉണ്ടാകാതെ എന്ന് അതിനോട് പറഞ്ഞു ക്ഷണത്തിലത്തി ഉണങ്ങിപ്പോയി ഇതാണ് നമ്മൾ വായിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അത്യവൃക്ഷം ഫലം കായ്ക്കേണ്ടതായിരുന്നു എന്നിട്ടത് കായ്ച്ചില്ലല്ലോ പുത്രൻ തമ്പരാനെ തൃപ്തിപ്പെടുത്താൻ അതിന് കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ നമ്മൾ അവിടെ ചിന്തിക്കും എന്നാൽ ഇതേ സംഭവം തന്നെ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുമ്പോൾ അവിടെ ഒരു കൊച്ചു വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഇതേ കാര്യം തന്നെ പറയുകയാണ് പിറ്റേന്നാൾ അവർ ബധാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു അവൻ ഇലയുള്ള ഒരു അത്യവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു അതിൽ വല്ലതും കണ്ടു എന്ന് വെച്ച് ചെന്നു അതിന ഇലയല്ലാതെ ഒന്നും കണ്ടില്ല ഇത്രയും കാര്യം നമ്മൾ മത്തായിയിലും ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിലും വായിച്ചത് അതിൽ ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആരും ഇനിയും നിങ്ങളിൽ നിന്ന് നിന്നേക്കും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് കർത്താവതിനെ ശവിക്കുന്നു അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പതിനൊന്നിൻ്റെ ഇരുപതാം വാക്യത്തിൽ അത് വേരോടെ ഉണങ്ങിപ്പോകു പോയത് പത്രോസ് കണ്ടതും ഒക്കെ അതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു ഇത്രയും വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിലെ അതേ സംഭവം തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണെന്നാണ് എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് ഈ അത്തിവൃക്ഷത്തിന്റെ അടുത്ത് ചെന്നു ഇലയല്ലാതെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മത്തായിലില്ലാത്ത ഒരു വാക്യം ഒരു വാക്യത്തിന്റെ ഒരു ശകലം മർക്കോസ കൂട്ടിച്ചേർക്കുന്നു അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞു ചേട്ടാ കാലമല്ലാത്ത ഒരു സമയത്ത് കർത്താവ് ചെന്ന് അത്തിപ്പഴ അത്തിപ്പഴത്തിനു വേണ്ടി നോക്കി എന്നിട്ട് ആ അത്തി അത് കൊടുക്കാഞ്ഞത് കൊണ്ട് അതിനെ ശവിച്ചത് അതൊരു ശരിയായ നടപടിയായോ എന്നൊക്കെ നമ്മൾ ചിലപ്പം ഇതുകൂടെ ചേർത്ത് വായിക്കുമ്പോൾ ചിലപ്പോൾ ചിന്തിച്ചു പോയെന്നിരിക്കും എന്നാൽ ഇസ്രായേൽ നാട്ടിലെ അത്തികളുടെ ഫലം കായ്ക്കലുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് വന്ന് നോക്കിയത് അതിൽ തെറ്റൊന്നുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് ഈ ഇത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ല സീസണല്ല സീസണല്ല സീസണല്ലെങ്കിലും അവിടുത്തെ പലസ്തീനിലെ അത്തികളുടെ പ്രത്യേകത തലേ സീസണിൽ അത് കായ്ച്ചതിൻ്റെ ചില ഫലങ്ങൾ ഈ ഇലകൾക്കിടയിൽ പഴുത്ത് പാകമായി നിൽക്കും സീസൺ അല്ലെങ്കിൽ പോലും കാലമല്ലെങ്കിൽ പോലും അങ്ങനെ ചില ഫലങ്ങൾ നല്ല അത്തിവൃക്ഷത്തിൽ കാണും കർത്താവ് വന്ന് അതാണ് നോക്കിയത് ഇങ്ങനെ അവശേഷിച്ച് തലേ സീസണിൻ്റെ മിച്ചമായിട്ട് ആ അത്തിയിൽ കാണുന്ന ഇത്തരം അത്തിപ്പഴത്തെ തലക്കനി എന്നാണ് വിളിക്കാറുള്ളത് അങ്ങനെ ഉള്ള ഒരു തലക്കനിയാണ് കർത്താവ് അന്വേഷിച്ചത് അല്ലാതെ കർത്താവ് ഈ അത്തി വൃക്ഷത്തോട് എന്തോ ഏർ ന്യായമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചു കാരണം അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലഞ്ഞിട്ട് അതിനെ ശപിച്ചല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല കർത്താവ് ആ ഇലകളുമായിട്ട് അത് തളിർത്ത് നിൽക്കുന്നത് കണ്ടപ്പോ ആ ഇലകൾക്കിടയിൽ തലക്കനി കാണും കഴിഞ്ഞ സീസണിന്റെ മിച്ചമായിട്ട് ഉള്ള തലക്കനി പഴുത്ത് നിൽപ്പുണ്ടാകും അതിൻ്റെ വിശപ്പടക്കും എന്ന് കരുതിയാണ് കർത്താവ് ചെന്നത് അതിൽ തെറ്റില്ല അതുകൊണ്ട് ഇതിൽ അത്തിപ്പഴം കാണാതിരുന്നത് അത്തിവൃക്ഷത്തിന്റെ തന്നെ തെറ്റാണ് അതിനെ ശവിച്ചതിലെ കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് അവിടുത്തെ പലസ്തീൻ നാട്ടിലെ അതിവൃക്ഷങ്ങളുടെ ഫല ഫലകാലങ്ങളെ ഉള്ള പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു തെറ്റ് കാണാനായിട്ട് കഴിയില്ല പ്രിയപ്പെട്ടവർ നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ വചനത്തെ വചനത്തോട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ബൈബിളിൽ തന്നെ അങ്ങനെ ഈ തലക്കനികളുടെ കാര്യം പറയുന്നുണ്ട് യശിയാവിൻ്റെ പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തിന്റെ ആറ് ഏഴ് വാക്യങ്ങളെ നോക്കുക അല്ലെങ്കിൽ ആറാമത്തെ വാക്യം നോക്കുക ഒലി ഒലിയു തല്ലുമ്പോൾ വൃക്ഷാഗ്രഹത്തിൽ രണ്ടു മൂന്ന് കായോ ഫലവൃക്ഷത്തിന്റെ കൊമ്പുകളിൽ നാലഞ്ച് കായോ ഇങ്ങനെ കാലാ ചിലത് ശേഷിച്ചിരിക്കും എന്ന് ഇസ്രായേലിന്റെ ദൈവമായി ഹോബാർ ചെയ്യുന്നു അപ്പം ഈ നിലയില് ആ വൃക്ഷങ്ങളില് എന്തുണ്ടാവും തലേ ഫലകാലത്തിന്റെ മിച്ചമായിട്ട് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കായ കാലാപറിപ്പാനായിട്ട് കാലാപറിപ്പാനായിട്ട് അതിൽ ഉണ്ടാകും ഉണ്ടാകണം അപ്പൊ ഈ അത്തി ആ നിലയില് തലക്കനി കർത്താവിന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ആ അത്തിയുടെ തന്നെ തകരാറാണ് അത് വേണ്ടതുപോലെ കഴിഞ്ഞ സീസണിൽ ഫലം കായ്ച്ചില്ല അതിൻ്റെ ബാക്കിയായിട്ട് തലക്കനികൾ നിലനിർത്തിയില്ല അത്തി തന്നെ അത്തിയുടെ തന്നെ തകരാറാണ് അതിനെ ശവിച്ചതിൽ തെറ്റില്ല എന്ന് നമുക്ക് യാവ് പതിനേഴിന്റെ ആറിനോട് ചേർത്ത് ഇതിനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തിനാണ് നമ്മൾ ഈ സീസണെ കുറിച്ചും ഇങ്ങനെ അത്യെ കർത്താവശ്യാപിച്ചത് തെറ്റൊന്നുമില്ല എന്നുള്ളതും ഇത്ര വിശദമായിട്ട് പറയുന്നത് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളും ഇപ്പോൾ ഒരു സീസൺ അല്ലാത്ത കാലമാണ് സ്ഥിരമായിട്ട് മീറ്റിങ്ങുകൾ നടക്കുകയും എല്ലാവരും ഞായറാഴ്ച മീറ്റിങ്ങിന് ഒന്നിച്ചായിരിക്കുകയും കർത്തൃമേശം നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മീറ്റിങ്ങുകള് രണ്ടു മൂന്ന് മീറ്റിങ്ങുകള് ഒരാഴ്ച വീതം നടക്കുമ്പോൾ ഒന്നിച്ചു വന്ന് കൂടി ഒന്നിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് കർത്തൃമേശി ആചരിച്ചൊക്കെ പോകുമ്പോൾ അതൊരു സീസണാണ് ആ സീസണിൽ ഫലം കാണും ആരുടെ അടുത്ത് ഫലം കാണും എന്നാൽ ഇപ്പോൾ മീറ്റിങ്ങുകൾ നടക്കാനൊക്കാത്ത ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഔട്ട് ഓഫ് സീസൺ ഏ കാലമല്ലാത്ത സമയമാണ് പക്ഷേ ഈ അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാത്ത ഈ സമയത്തും കർത്താവന്തി ഇതു അത്തിയിൽ പോയി തലക്കനിയുണ്ടോ എന്ന് നോക്കി പ്രിയപ്പെട്ടവരെ ഇത് നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട് എന്താ നമ്മളിപ്പോൾ ഔട്ട് ഓഫ് സീസൺ ആണ് നമുക്ക് മീറ്റിങ്ങുകൾ കൂടാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് ഫലം കായ്ക്കണ്ട എന്നല്ല നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ദൈവം ധാരാളമായി തന്നു അതിലൊക്കെ നമ്മൾ ദൈവജനം കേട്ടു ദൈവോജന സമൃദ്ധിയായിട്ട് നമുക്ക് സ്വീകരിപ്പാൻ പറ്റി അതിൻ്റെ ചില തലക്കലികളെങ്കിലും ഈ ഫലകാലം ഈ സമയത്ത് നമ്മിൽ ഉണ്ടാകണമെന്ന് നമ്മുടെ സൃഷ്ടാവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് നമ്മുടെ അടുത്ത് ഫലം തിരഞ്ഞു വരുന്നു നമ്മൾ ആ സമയത്ത് കർത്താവിന് ഫലം കൊടുക്കുന്നവരാണോ എന്നൊരു ചിന്ത നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആ യജമാനൻ വന്നിട്ട് ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ വെട്ടിക്കളയാനായിട്ട് വരുമ്പോൾ നല്ല തോട്ടക്കാരൻ മധ്യസ്ഥത പറയുന്നത് നമുക്കറിയാമല്ലോ ഇവിടെ നല്ല തോട്ടക്കാരൻ നമ്മുടെ കർത്താവ് തന്നെയാണ് അഥവാ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുപോലെ നമുക്ക് ഫലമില്ലെങ്കിൽ പോലും അതിനെ വെട്ടിക്കളക എന്ന് പറയുമ്പോ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പിതാവിനോട് മധ്യസ്ഥത പറയും അത് ഒരു വർഷം കൂടെ നിൽക്കട്ടെ നമുക്ക് കിളച്ച് അതിന് വളമിടാം അത് മേലിൽ ഫലം കായച്ചെങ്കിലോ ലൂക്കോസ് പതിമൂന്നിന്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ ആ നല്ല തോട്ടക്കാരൻ്റെ നമ്മളോടുള്ള സ്നേഹം നിറഞ്ഞ മനോഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇപ്പോൾ ഫലകാലമല്ലെങ്കിലും നമുക്ക് തലക്കരികള് കർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന പഴങ്ങൾ കൊടുക്കുന്നവരായിട്ടായിരിക്കാം അഥവാ നമ്മൾ പഴങ്ങൾ നമുക്ക് കുറവാണെങ്കിലും നമ്മുടെ നല്ല തോട്ടക്കാരൻ നമുക്കായി പിതാവിൻ്റെ മ മുമ്പാകെ നമുക്കായി മത്യസ്ഥത പറയുമെന്നുള്ളതും നമ്മെ ധൈര്യപ്പെടുത്തട്ടെ നമ്മൾ പറഞ്ഞത് അതി കായ്ക്കുന്ന സമയമുണ്ട് അതുപോലെ തന്നെ ഔട്ട് ഓഫ് സീസണായ സമയമുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് നമ്മളിതിനെക്കുറിച്ച് ബൈബിളിൽ ഒന്നാമത്തെ സങ്കീർത്തനം നമുക്ക് വളരെ പരിചിതമായ സങ്കീർത്തനമാണല്ലോ ഒന്നാമത്തെ സങ്കീർത്തനം ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം എന്ന് നമ്മളവിടെ കാണുന്നു ഒന്നാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം തക്കകാലത്ത് ആ സീസണിൽ ഫലം കായ്ക്കുക എന്നാൽ ഇതേ കാര്യം തന്നെ ഇരമ്യാവിൻ്റെ പുസ്തകം പതിനേഴിൻ്റെ എട്ടിൽ നമ്മൾ വായിക്കുമ്പോഴോ ഇരമ്യാവിൻ്റെ പുസ്തകം പതിനേഴിൻ്റെ എട്ടിൽ നമ്മൾ ഈ കാര്യം വായിക്കുമ്പോൾ അവിടെ ഔട്ട് ഓഫ് ഫലം കായിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും ഏ നമ്മൾ ഇരമ്യാവിൻ്റെ പുസ്തകം പതിനേഴാമത്തെ അധ്യായം പതിനേഴാമത്തെ അധ്യായത്തിൽ ഈ വാക്യം നമ്മൾ ഒന്നാം സങ്കീർത്തനത്തിൽ കണ്ട വാക്യം പോലെ തന്നെ ഉള്ളൊരു വാക്യമാണ് എന്നാൽ അവിടെ ഒരു വ്യത്യാസമുണ്ട് പതിനേഴിൻ്റെ എട്ടാമത്തെ വാക്യം അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും കണ്ടോ വരൾച്ചയും ഉഷ്ണവും ഒക്കെയുള്ള ഔട്ട് ഓഫ് സീസണാണ് പക്ഷെ അപ്പോഴും അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും ഒന്നാം സങ്കീർത്തനവും ഒന്നാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ വാക്യവും ഇരമ്യാവ് പതിനേഴിൻ്റെ എട്ടും തമ്മിലുള്ള വ്യത്യാസം സ ഒന്നാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ പറയുന്നത് തക്കകാലത്ത് ഫലം കായ്ക്കുന്നതാണ് ഇവിടെയോ ഇവിടെ ഇരമ്യാവിൽ പറയുന്നത് ഔട്ട് ഓഫ് സീസണിലും ഫലം കായ്ക്കുന്നതിനെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമ്മൾ ബൈബിളിലെ പല ഭാഗങ്ങളും നോക്കുമ്പം എസ്കെലിൻ്റെ പുസ്തകം നാൽപ്പത്തേഴിൻ്റെ പന്ത്രണ്ട് വായിക്കുക അവിടെ മാസം തോറും പുതിയ ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നു തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ വാർദ്ധിക്യത്തിലും അവർ ഫലം കായ്ച്ചും പുഷ്ടി വെച്ചും ഇരിക്കും യത്തിൽ നടുതലയായവർ അവര് അപ്പൊ നോക്കുക വാർദ്ധക്യം സാധാരണ നിലയില് ഫലം കായ്ക്കേണ്ട കാലമല്ല ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവര് നമ്മളിപ്പോ പറയുക ഞങ്ങൾക്ക് മീറ്റിങ്ങുകളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങള് വേണ്ട പോലെ ഫലമില്ല എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഇല്ല കാരണം ഔട്ട് ഓഫ് സീസണിലും ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് ഇരമ്യാവ് പതിനേഴിന്റെ ഇട്ടിൽ പറയുന്നു മാസംതോറും പുതിയ ഫലം കായ്ക്കുന്നതിനെക്കുറിച്ച് എസ് കെ നാൽപ്പത്തി ഏഴിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചും പുഷ്ടിവെച്ചും ഇരിക്കുന്നതിനെക്കുറിച്ച് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ പതിനാലാം വാക്യത്തിലും ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഫലം തിരഞ്ഞുവരുന്ന കർത്താവിന് ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹ സമാ സന്തോഷ സമാധാനം ഇത് ദൈവോന്മുഖമായിട്ടും ദീർഘക്ഷമാ ദയ പരോപകാരം സഹജീവികളോടുള്ള ബന്ധത്തിലും വിശ്വസ്ത സൗമ്യത ഇന്ദ്രിയ നമ്മോട് തന്നെയുള്ള ബന്ധത്തിലും അങ്ങനെ ഫലങ്ങളുള്ളവരായിട്ട് നമുക്കായിരിക്കാം അതുപോലെ തന്നെ ഈ വളരെ നമ്മൾ ഫലം കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കർത്താവായ യേശു യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അങ്ങനെ പറയുന്നത് നമ്മൾ കാണുന്നു പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ അഞ്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഒരുത്തനിലും ഞാൻ അവനെല്ലാം വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും അപ്പൊ നമ്മൾ വളരെ ഫലം കായ്ക്കുന്നവരായിട്ടായിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് പതിനഞ്ചിന്റെ എട്ടില് പറയുന്നത് നമ്മൾ അങ്ങനെ ഫലം കായ്ച്ചാൽ അതുമൂലം പിതാവിന് മഹത്വം ഉണ്ടാകും എന്നാണ് നമ്മൾ കാണുന്നത് അപ്പോ നമ്മൾ ഫലം കായ്ച്ചില്ലെങ്കിൽ പിതാവിന് മഹത്വമില്ല പിതാവിനെ മഹത്വപ്പെടുത്താൻ സീസണിലും ഔട്ട് ഓഫ് സീസണിലും ഫലമുള്ളവരായിട്ടും വളരെ ഫലമുള്ളവരായിട്ട് നമ്മളായിരിക്കണം ആട്ടെ നമുക്ക് എങ്ങനെയാണ് വളരെ ഫലം കായിക്കാൻ കഴിയുന്നത് എങ്ങനെയാ അത് നമ്മൾ നേരത്തെ വായിച്ച യോഹനാൻ പതിനഞ്ചിൻ്റെ അഞ്ചിൽ ആ കാര്യത്തെ കുറിച്ചൊരു സൂചനയുണ്ട് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഒരുത്തൻ ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായിക്കും കണ്ടോ കർത്താവ് നമ്മിലും നമ്മൾ കർത്താവിലും വസിച്ചാൽ അന്യൂന്യം കൂടുതൽ ആഴത്തില് കർത്താവ് നമ്മിലും നമ്മൾ കർത്താവിലും വസിച്ചാൽ ആ ബന്ധം അങ്ങനെ കൂടുതൽ സുദൃഢമായാൽ എന്ത് സംഭവിക്കും നിങ്ങൾ വളരെ ഫലം കായ്ക്കും അങ്ങനെ ഫലം കായ്ക്കുന്നത് പിതാവ് മഹത്വപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മിൽ വസിക്കുന്നുണ്ട് കൊലോസിയർ ഒന്നിൻ്റെ ഇരുപത്തേഴിൽ നമ്മൾ കാണുന്നുണ്ട് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ കർത്താവ് നമ്മിലുണ്ട് അവൻ നമ്മിൽ വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളും അവനിൽ വസിക്കുന്നുണ്ടോ ഒന്ന് കോരിന്തിർ ഒന്നിൻ്റെ നമ്മൾ വായിക്കുന്നത് നിങ്ങൾ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു നമ്മളും ആരിലിരിക്കുന്നു ക്രിസ്തുവിൽ വസിക്കുന്നു കൊലോസിയർ ഒന്നിൻ്റെ കർത്താവ് നമ്മിൽ വസിക്കുന്നു ഒന്ന് കോരിന്തിർ ഒന്നിൻ്റെ നമ്മൾ കർത്താവിൽ വസിക്കുന്നു അപ്പോൾ യോഹനാൻ പതിനഞ്ചിൻ്റെ ചേർത്ത് ചിന്തിച്ചാൽ അതായത് ഒരുത്തനെന്നിലും ഞാൻ അവനിലും അന്യോന്യം ആ നിലയിലുള്ള വസിച്ചാൽ തീർച്ചയായിട്ടും ഫലം കായ്ക്കാതിരിക്കാനായിട്ട് കഴിയുകയില്ല പ്രിയപ്പെട്ടവർ നമ്മുടെ നമ്മൾ ആ ഒന്ന് കോരിന്തേർ ഒന്നിൻ്റെ മുപ്പതിൽ നമ്മൾ വായിക്കുന്ന ആ വാക്യത്തിൽ നമ്മളെ കർത്താവിലാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് നമ്മുടെ അവിടെ നമ്മൾ വായിക്കുന്നത് ശുദ്ധീകരണം നീതി ഇതെല്ലാം നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു തുടർന്ന് പറയുന്നത് അതുകൊണ്ട് കർത്താവ് നമുക്ക് എന്തായിരിക്കുന്നു കർത്താവ് നമുക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു ഏർ കർത്താവ് തന്നെയാണ് നമ്മുടെ നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും അപ്പോ നമ്മള് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ നീതിയോ ശുദ്ധീകരണമോ ആവശ്യമുള്ളപ്പം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കർത്താവ് കുറച്ച് ശുദ്ധീകരണം എനിക്ക് വേണം കുറച്ച് നീതി വേണം എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് നീയെ എന്നിലേക്ക് വരണം ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ എല്ലാ അറകളെയും വെക്കേറ്റ് ചെയ്ത് അതിലുള്ള മറ്റു കാര്യങ്ങളെയൊക്കെ എടുത്തു കളഞ്ഞ് അത് മുഴുവൻ ശൂന്യമാക്കി അവിടെ മുഴുവൻ നിനക്കായിട്ട് ഞാൻ തുറന്നു തരുന്നു അങ്ങനെ നീയെ എന്നിലേക്ക് കൂടുതൽ വരുമ്പം നിന്റെ ജ്ഞാനവും നിന്റെ നീതിയും നിൻ്റെ ശുദ്ധീകരണവും ഒക്കെ എൻ്റെതായിത്തീരും അല്ലാതെ കർത്താവ് നമുക്ക് ജ്ഞാനം വേണ്ടപ്പോൾ ജ്ഞാനവും നീതി വേണ്ടപ്പോൾ നീതിയും ശുദ്ധീകരണം വേണ്ടപ്പോൾ ശുദ്ധീകരണവും ഒക്കെ തരുന്ന ഒരു ചില്ലറ വ്യാപാരിയെപ്പോലെയല്ല അവിടെ നമ്മൾ വായിക്കുന്നത് മറിച്ച് എന്താ കർത്താവ് തന്നെ നമ്മളിൽ ഇരിക്കുന്നു നിങ്ങളോ അവനാൽ ക്രിസ്തുവേശിയിൽ ഇരിക്കുന്നു അതുകൊണ്ട് നമ്മൾ അവനിൽ ഇരിക്കുന്നതുകൊണ്ട് അവൻ തന്നെ നമുക്ക് എന്തായിത്തീരുന്നു നമുക്ക് നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പ് ജ്ഞാനവുമായി തീരുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ കർത്താവിനെ ഒരു ചില്ലറ വ്യാപാരിയെപ്പോലെ കണ്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കർത്താവ് കുറച്ചുകൂടെ ശുദ്ധീകരണം വേണം നീതി വേണം എന്നാവശ്യപ്പെടാതെ നമ്മൾ പറയേണ്ടത് കർത്താവേ എൻ്റെ ഹൃദയ ഹൃദയത്തിൽ അവിടുന്ന് കൂടുതൽ ആഴത്തിൽ വരണേ അവ അങ്ങനെ കേവലം എൻ്റെ ഫ്രണ്ട് റൂമിൽ എൻ്റെ അതിഥി മുറിയിൽ ഒരു അതിഥിയെ പോലെ ഇരുത്താൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നില്ല രക്ഷിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ നമ്മൾ കർത്താവിനെ നമ്മുടെ ഭവനത്തിലേക്ക് സ്വീകരിച്ചു നമ്മുടെ ഹൃദയ ഹൃദയകവാടം തുറന്ന് കർത്താവിനെ സ്വീകരിച്ചു പക്ഷെ അത് മുൻപിലത്തെ മുറി മാത്രം ഇരുത്തിയിരിക്കുകയാണോ കർത്താവ് അങ്ങനെയല്ല നമ്മുടെ ബെഡ്റൂമിലും നമ്മുടെ സ്റ്റോർ റൂമിലും നമ്മുടെ അടുക്കളയിലും എല്ലാം കർത്താവിന് സ്വാതന്ത്ര്യത്തോടെ വരത്തക്കവണ്ണം അവിടെങ്ങളൊക്കെ നമ്മൾ വെക്കേറ്റ് ചെയ്ത് കർത്താവിനായിട്ട് തുറന്നു കൊടുക്കണം കർത്താവ് വളരെ മാന്യനായ അതിഥി ആയതുകൊണ്ട് അവിടെ നിന്ന് ഇടിച്ച് നമ്മൾ തുറന്നുകൊടുത്ത കർത്താവ് ഇങ്ങോട്ടൂടെ ഈ ബെഡ്റൂമിലോട്ടൂടെ വന്നാട്ടെ ഈ കിച്ചണിലോട്ട് ഇട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞാലേ കർത്താവ് ഫ്രണ്ട് മുറിയിൽ നിന്ന് അവിടെയൊക്കെ കൂടെ വരികയുള്ളൂ എന്നൊരു ദേവദാസനൊരിക്കൽ ആലങ്കാരികമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് നമ്മളെ ഇന്ന് കൂടുതൽ ഫലം കായ്ക്കാൻ നമുക്ക് കർത്താവിൽ കൂടുതൽ വസിക്കണം അതുപോലെ കർത്താവിന് നമ്മിൽ കൂടുതൽ വസിക്കാൻ നമ്മൾ എന്ത് വേണം ഇടം കൊടുക്കുകയും വേണം അതുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫലം കായിക്കാനും പിതാവ് നമ്മിലൂടെ മഹത്വപ്പെടാനും ഇടയാകും നമ്മൾ അന്യോന്യം ആ നിലയിൽ വസിക്കുന്നവരായി ആയിരിക്കണം നമ്മൾ കർത്താവ് നമ്മൾ ആ നിലയിൽ ഉണ്ടെങ്കിൽ എന്താ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ വരുമ്പം പരീക്ഷകളൊക്കെ വരുമ്പം നമുക്ക് ജയം നേടാൻ താരതമ്യേനെ എളുപ്പമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മുറികളും കർത്താവിനായിട്ട് തുറന്നു കൊടുത്താൽ നമുക്ക് അങ്ങനെ കർത്താവിനെ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം സാച്യുറേറ്റഡായാൽ അത് ജയകരമായ ഒരു ജീവിതം സ്വാഭാവികമായിട്ട് തന്നെ നമുക്ക് കൈവരും ഒരു പ്യൂരിറ്റൻ വനിതയുടെ ഒരു കഥ ഞാനെ കേട്ടിട്ടുണ്ട് പ്യൂരിറ്റൻ എന്ന് പറയുന്ന ആ വിഭാഗം വളരെ ആത്മീകമായിട്ട് ജീവിച്ചിരുന്ന ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സഭാവിഭാഗമാണല്ലോ അതിലുണ്ടായിരുന്ന ഒരു വനിതയോട് കൂടുണ്ടായിരുന്ന മറ്റൊരാൾ ചോദിച്ചു നിന്റെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ പിശാജു വന്ന് മുട്ടിയാൽ നീ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു പിശാജ് പ്രലോഭനവുമായിട്ട് നിന്റെ നിന്റെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ വന്ന് മുട്ടുകാണെന്നിരിക്കട്ടെ അന്നേരം നീ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു അപ്പം അവള് പറഞ്ഞതിങ്ങനെയാണ് ഞാനപ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള കർത്താവിനോട് പറയും കർത്താവ് ആരാണ്ടു വന്ന് വാതുക്കെ മുട്ടുന്നു കർത്താവ് തന്നെ ചെന്ന് വാതിലൊന്നു തുറന്നട്ടെ എന്ന് ഞാൻ കർത്താവിനോട് പറയും അപ്പം കർത്താവ് ചെന്ന് വാതിൽ തുറക്കും വാതൽ തുറന്നത് കർത്താവാണെന്ന് കാണുമ്പോൾ കർത്താവിൻ്റെ മുഖം കാണുമ്പോൾ പിശാജിന് പിന്നെ അവൻ്റെ പരീക്ഷയുമായിട്ട് അവൻ അവിടെ നിൽക്കാനൊക്കെ അവൻ ഓടി ഒളിക്കും ചുരുക്കത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ട് തന്നെ ജയം കൈവരും എന്നാണ് അവനിത പറഞ്ഞ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞത് വ്യക്തമായോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നമ്മുടെ ഹൃദയം നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് കർത്താവിനാൽ സാച്ചുറേറ്റഡ് ആണെങ്കിൽ പ്രലോഭനങ്ങൾ വന്ന് നമ്മുടെ ഹൃദയ കവാടത്തിൽ മുട്ടിയാൽ നമ്മളായിട്ട് റിയാക്റ്റ് ചെയ്യേണ്ട നമ്മൾ നമ്മുടെ തന്നെ ഒരു ഇനിഷ്യേറ്റീവില് റിയാക്റ്റ് ചെയ്യേണ്ട മറിച്ച് നമ്മിൽ ഉള്ള കർത്താവിനോട് പറയുക കർത്താവ് അവിടുന്ന് തന്നെ വാതിൽ തുറന്നാട്ടെ കർത്താവ് വാതിൽ തുറക്കുമ്പം പരീക്ഷയുമായി വന്നിരിക്കുന്ന പ്രലോഭനവുമായി വന്നിരിക്കുന്ന പിശാചിന് കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കാൻ കഴിവില്ലാതെ വരും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുമാണ് നമ്മൾ അന്യോന്യം വസിച്ചാൽ നമ്മൾ കർത്താവിലും കർത്താവ് നമ്മിലും ധാരാളമായിട്ട് വസിച്ചാൽ തീർച്ചയായിട്ടും വളരെ ഫലം കായ്ക്കാൻ കഴിയും പരീക്ഷകളെ ജയിക്കാൻ കഴിയും ജയാളിയായിട്ട് ജീവിക്കാൻ കഴിയും പിതാവിന് അതുമൂലം മഹത്വം ഉണ്ടാകാനും കഴിയും നമ്മൾ ഫലം കായ്ക്കുന്നതിനെക്കുറിച്ചാണല്ലോ ചിന്തിച്ചു വന്നത് നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ ചിലപ്പോൾ നല്ല തോട്ടക്കാരൻ വേണ്ടതുപോലെ നമ്മൾ ഫലം കായ്ക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും യോഹന്നൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ചൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് യോഹന്നൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി നല്ല തോട്ടക്കാരൻ അവൻ ഓരോ വൃക്ഷത്തെയും ശ്രദ്ധിക്കുന്നു നമ്മുടെ കർത്താവ് നല്ല തോട്ടക്കാരനായ കർത്താവ് ഈ സഭയാകുന്ന തോട്ടത്തിൽ നടപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോ വൃക്ഷത്തെയും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട് കർത്താവിൻ്റെ ആഗ്രഹമെന്താ ഇത് അധികം ഫലം കായ്ക്കണമെന്നാണ് അധികം ഫലം കായ്ക്കാൻ ചിലപ്പോൾ ചില വൃക്ഷങ്ങൾ അതിനെ ഒന്ന് വേണ്ട സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അത് ഫലം കായ്ച്ചു എന്ന് വരികയില്ല അങ്ങനെ വരുമ്പം നല്ല തോട്ടക്കാരനെന്ത് ചെയ്യും ആ വൃക്ഷത്തിൻ്റെ ചില കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കളയും അല്ലെങ്കിൽ അതിൻ്റെ തടിയിൽ അതിനെ ഒന്ന് ചെത്തി വെടിപ്പാക്കും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വൃക്ഷത്തിന് അത് വലിയ താല്പര്യമുള്ള കാര്യമല്ല ചെത്തി വെടിപ്പാക്കുന്നത് ചില പ്രയാസങ്ങളിലൂടെ കടത്തിവിടുന്നതിനെയും ചില രോഗങ്ങളായിരിക്കാം സാമ്പത്തിക ക്ലേശങ്ങളായിരിക്കാം മറ്റ് ബുദ്ധിമുട്ടിപ്പിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ അത് തോട്ടക്കാരൻ നമ്മളെ ചെത്തി വെടിപ്പാക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതെന്തിനു വേണ്ടിയാ അധികം ഫലം കായ്ക്കാൻ വേണ്ടിയാ അല്ലാതെ നമ്മളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല നമ്മൾ ചിലപ്പം ഈ ചെത്തി പിടിപ്പാക്കല് ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓ ദൈവം എന്നോട് ദയ കാണിക്കുന്നില്ലല്ലോ എന്നാണ് പക്ഷേ ദൈവം തൻ്റെ സ്നേഹത്തിലാണ് ആ നല്ല തോട്ടക്കാരൻ നമ്മൾ അധികം ഫലം കായ്ക്കണം എന്നുള്ള താല്പര്യത്തിലാണ് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ചെത്തി കാര്യങ്ങളൊക്കെയും താൻ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് അത് ഒട്ടും സുഖകരമല്ല ഒരു വൃക്ഷത്തിനും അങ്ങനെ ചെത്തിപിടിപ്പാക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ നമ്മൾ നമ്മൾ ആരെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു ഓ പ്രയാസമുള്ള ചില സാഹചര്യങ്ങൾ ചില രോഗാവസ്ഥകൾ ചില ഞെരുക്കങ്ങൾ ചില വിഷമങ്ങൾ അതിലൂടെ ദൈവം കടത്തിവിടുകയാണെങ്കിൽ അത് ദൈവം തന്നെ അവിടുന്ന് നമ്മളെ ചെത്തി പെടിപ്പാക്കാനായിട്ട് അവിടുന്ന് ശ്രമിക്കുകയാണ് എന്ന് മനസ്സിലാക്കി നമ്മളതിൽ അതിനെക്കുറിച്ച് പരാതി പറയാതെ അവിടുത്തെ കൈക്ക് നമ്മൾ നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുകയാണ് നല്ലത് തോട്ടക്കാരനറിയാം അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ ആവശ്യത്തിൽ കൂടുതൽ നമ്മളെ ചെത്തുകയില്ല വേണ്ടത് മാത്രമേ അവിടുന്ന് ചെയ്യുകയുള്ളൂ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന കർത്താവിൻ്റെ സർവജ്ഞതയ്ക്ക് മുമ്പിൽ നമ്മൾ പരാതികളില്ലാതെ നമ്മളെ തന്നെ ചെത്തിപിടിപ്പാക്കുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് നല്ലത് എബ്രായർ കെഴുതി ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ്റെ ബാലശിക്ഷയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണല്ലോ എബ്രായർ പന്ത്രണ്ടിൻ്റെ അഞ്ച് മുതല് പതിനൊന്ന് വരെ നമ്മൾ വായിക്കുന്നത് അവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു അവൻ ശാസിക്കുമ്പോൾ മുഷിയരുത് കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എല്ലാ ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ ഇങ്ങനെ ഇത് നമ്മൾ എന്നിട്ട് അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ട് തന്നെ ശിക്ഷിക്കുന്നത് ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രയെന്ന് തോന്നും പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും എന്നാണ് പറഞ്ഞാണ് ആ ബാലശിക്ഷയെക്കുറിച്ചുള്ള ആ ഭാഗം അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അതുകൊണ്ട് ഇത് നമുക്കൊരു സന്തോഷമായിട്ടും തോട്ടക്കാരൻ നമ്മുടെ പ്രത്യേകതകൾ മനസ്സിലാക്കി അധികം ഫലം കായ്ക്കാൻ വേണ്ടി അനുവദിച്ച സാഹചര്യമായിട്ടും നമ്മൾ എടുക്കണം അല്ലാതെ ഇതിൻ്റെ മുമ്പാകെ പരാതിപ്പെടരുത് ഒരിക്കലും ഒരു ഒരു ദൈവഭൃത്യൻ താന് ചില ആ നിലയിലുള്ള ചില പ്രയാസങ്ങളിലൂടെ കടന്നു ഒരു ഘട്ടത്തിൽ തൻ്റെ ഒരു സഹപ്രവർത്തകൻ വന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട് ഈ മുതിർന്ന ദൈവഭൃത്യൻ താന് കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചു താനിപ്പോൾ പെട്ടെന്ന് രോഗിയായിട്ട് കിടപ്പിലായി ആ രോഗാവസ്ഥ പെട്ടെന്ന് മാറുന്ന അപ്പോൾ തൻ്റെ ഒരു ഇളയ സഹപ്രവർത്തകൻ വന്ന് ഈ മുതിർന്ന സഹപ്രവർത്തകനെ കണ്ടിട്ട് അദ്ദേഹം ഒരല്പം തമാശ പോലെ പറഞ്ഞു ആ ദൈവം അടിച്ചിട്ടേക്കുക അല്ലേ ദൈവം അടിച്ചിട്ടേക്കുക അവിടെ കിടക്ക് എന്ന് പറഞ്ഞു ഉടനെ ആ മുതിർന്ന ദൈവഭൃത്യൻ ഈ ഭാഗങ്ങൾ എബ്രായർ പന്ത്രണ്ടിൻ്റെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങൾ വച്ചിട്ട് പറഞ്ഞു ആ അതായത് അങ്ങനങ്ങ് പറയല്ലേ കാരണം ഈ ശിക്ഷയിലൂടെ ഈ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അഞ്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്തൊക്കെയാ ഒന്ന് ഞാൻ മകനാണ് അല്ലാതെ ഞാൻ കൗലടയേനല്ല കൗലടയെന്നു വച്ചാൽ ഇൽ എജിറ്റിമേറ്റായിട്ടുണ്ടാകുന്ന കുട്ടി ഞാനൊരു മകനാണ് ദൈവത്തിൻ്റെ മകനാണ് അതുകൊണ്ടാണ് അവിടെ തന്നെ ഇങ്ങനെ ചെത്തി പിടിപ്പാക്കുന്നത് രണ്ടാമത് അവിടെ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് എന്നെ ഈ ശിക്ഷണത്തിലൂടെ കടത്തി വിടുന്നത് മൂന്നാമത് ഇതെൻ്റെ അത് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നു നാലാമത് വേണ്ട സമയം വരെ മാത്രമേ അവിടുന്ന് ഈ ഈ രോഗാവസ്ഥയെ അനുവദിക്കയുള്ളൂ അത് കഴിയുമ്പം അവിടുന്ന് അതിൽ വിടുവിക്കും എന്ന് കാണുന്നു അതുപോലെ തന്നെ ഇതിലൂടെ കടന്നു പോകുമ്പം എനിക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും അതുകൊണ്ട് അഞ്ചുകൂട്ടം ഗുണങ്ങൾ എനിക്ക് ഇതിൽ കിട്ടുന്നുണ്ട് എന്നദ്ദേഹം സന്തോഷമായിട്ട് തൻ്റെ ആ രോഗാവസ്ഥയെക്കുറിച്ച് തൻ്റെ ഇളയ സഹപ്രവർത്തകനോട് പറഞ്ഞ് വിശദീകരിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കണ്ടോ അവിടെ ആ എബ്രായർ പന്ത്രണ്ടിൻ്റെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പം നമുക്ക് സ അങ്ങനെയുള്ള ഒരു കഷ്ടപ്പാടിലൂടെ ഒരു പ്രയാസത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു ബാലശിക്ഷയിലൂടെ കടന്നു നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്ന അഞ്ചുകൂട്ടം കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത് ഒന്നെന്താ ഒന്ന് നമ്മൾ അവിടുത്തെ മകനാണെന്നാണ് ഈ ബാലശിക്ഷ വ്യക്തമാക്കുന്നത് അപ്പൻ മകനെ മാത്രമേ തല്ലുകയുള്ളൂ അല്ലാതെ വഴിയേ പോകുന്ന വേറെ തൻ്റെ മക്കളല്ലാത്ത ആരെയെങ്കിലും തല്ലുകയില്ല അതുകൊണ്ട് ഈ ബാലശിക്ഷ ഞാൻ മകനാണ് എന്നുള്ളത് കാണിക്കുന്നു രണ്ട് എന്നെ അവിടുന്ന് സ്നേഹിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു മൂന്ന് എൻ്റെ ഗുണത്തിന് വേണ്ടിയാണിത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് വേണ്ട സമയം വരെ മാത്രമേ അവിടുന്ന് അനുവദിക്കുകയുള്ളൂ അത് കഴിയുമ്പം ഇതിന് ആശ്വാസം നൽകും എന്നതും ഈ ഭാഗത്തു നിന്ന് വ്യക്തമാണ് അഞ്ചാമതായിട്ടോ ഇതിലൂടെ എല്ലാം കടന്നു പോയി ഇത് നീതി എന്ന സമാധാന ഫലമാണ് ഇതിൻ്റെ അവസാനമായിട്ട് എനിക്ക് ലഭിക്കുന്നത് എന്നും അങ്ങനെ അഞ്ചുകൂട്ടം കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും ഇന്നൊരു ചെത്തി വെടിപ്പാക്കലിൻ്റെ ഒരു ബാലശിക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ അത് കർത്താവ് നമ്മളെ ഇല്ലായ്മ ചെയ്യാനല്ല മറിച്ച് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ഗുണത്തിനായിട്ട് നമ്മൾ മക്കളായത് കൊണ്ട് നമ്മളോടങ്ങനെ പെരുമാറുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പരാതിയില്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുക കർത്താവ് വേണ്ട സമയം വരെ മാത്രമേ അത് അനുവദിക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെ വളരെ വേഗത്തിൽ നമുക്ക് ഇങ്ങനെ സംക്ഷേപിക്കാം ദൈവം നമ്മിൽ നിന്ന് സീസൺ ആണെങ്കിലും ഔട്ട് ഓഫ് സീസൺ ആണെങ്കിലും നമ്മൾ നിന്ന് ഫലം ആഗ്രഹിക്കുന്നു ഈ മഹാമാരിയുടെ ഈ സമയത്ത് മീറ്റിങ്ങുകളില്ല ഔട്ട് ഓഫ് സീസൺ ആണ് ഫലകാലമല്ല പക്ഷെ ഫലകാലം അല്ലഞ്ഞിട്ടും പഴം തിരഞ്ഞ തലക്കനി തിരഞ്ഞ ഒരു കർത്താവ് നമ്മുടെ അടുത്ത് വരുന്നു ആ കർത്താവിനെ വിശപ്പ് മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോ അതുകൊണ്ട് നമുക്ക് ഏത് കാലത്തും മാസം തോറും പുതിയ ഫലം കായ്ക്കുന്നവരായിട്ടിരിക്കാം വാർധിക്കത്തിലും ഫലം കായ്ച്ചും പുഷ്ടി വെച്ചു വിരിക്കുന്നവരായിട്ടായിരിക്കാം ഓ കാലത്തിലും ആ കാലമല്ലാത്ത വരൾച്ചയുടെ കാലത്തിലും ഫലം കായ്ക്കുന്നവരായിട്ട് നമുക്കായിരിക്കാം മാത്രമല്ല നമ്മുടെ നല്ല തോട്ടക്കാരൻ നമുക്കായിട്ട് പിതാവിനോട് മധ്യസ്ഥത പറയുന്നവനാണ് വളരെ ഫലം കായ്ക്കാൻ കായ്ച്ച് നമ്മളെ പിതാവിനെ മഹത്വപ്പെടുത്തണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു നമുക്ക് എങ്ങനെയത് കഴിയും നമ്മൾ കർത്താവിലും കർത്താവ് നമ്മിലും കൂടുതൽ വസിച്ചാൽ കൂടുതൽ വസിച്ചാൽ നമുക്കത് കഴിയും അതുകൊണ്ട് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കർത്താവിനെ കൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ അതിനെ സാറ്റുറേറ്റഡ് ആക്കാനായിട്ട് കൂടുതൽ സമർപ്പിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ ഈ സമയം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ നമ്മൾ ഒരു ചെത്തി വടിപ്പാക്കലിൻ്റെ ബാലശിക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നമ്മുടെ ഗുണത്തിനാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്താം തോട്ടക്കാരന് നമ്മളെക്കുറിച്ച് ഒരു ഉദ്ദേശമേ ഉള്ളൂ നമ്മൾ എന്ത് വേണം കൂടുതൽ ഫലം കായ്ക്കുന്നവരായിരിക്കണം ദൈവോന്മുഖമായിട്ട് സ്നേഹവും സന്തോഷവും സമാധാനവും ഉള്ളവരായിട്ടായിരിക്കണം സഹജീവികളോടുള്ള ബന്ധത്തിൽ ദീർഘക്ഷമ ആരോടെങ്കിലും ക്ഷമിക്കാതിരിക്കുന്നുണ്ടോ ആരോടെങ്കിലും ദയ കാണിക്കാതിരിക്കുന്നുണ്ടോ നമുക്ക് ഈ കാര്യങ്ങളെ ഓരോന്നായിട്ട് ശോധന ചെയ്യാം അതുപോലെ തന്നെ ദീർഘക്ഷമ ദയാ പരോപകാരം സഹജീവികളോടുള്ള ബന്ധത്തിലും നമ്മുടെ ജീവിതത്തിൽ ഇന്ദ്രിയ ജയമുണ്ടോ സൗമ്യതയുണ്ടോ വിശ്വസ്തയുണ്ടോ ഇതൊക്കെയും കൂടുതൽ ഫലം കായ്ക്കാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു നമുക്ക് മാസം തോറും പുതിയ ഫലം കായ്ക്കുന്നവരായിട്ട് വളരെ ഫലം കായ്ക്കുന്നവരായിട്ട് അങ്ങനെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് നമുക്കായിരിക്കാം ആ നല്ല തോട്ടക്കാരനെ തൃപ്തിപ്പെടുത്തുന്ന അതിവൃക്ഷങ്ങളായിട്ട് നമുക്കായിരിക്കാം ദൈവം നമ്മെ സഹായിക്കണം